പ്രമാണം പറഞ്ഞു അനുമാന പ്രമാണത്തിലൂടെ അഭാവവിലായ ഒരു അജ്ഞാനത്തെ സിദ്ധിച്ചു സിദ്ധാന്തി അപ്പൊ പ്രമാണം ഇല്ല എന്നുള്ളതിന് സമാനമായി തൊണ്ണൂറ്റിമൂന്നാമത്തെ പേജില് അസുവിത് അവിചാരിത രമണീയൻ ലക്ഷണം തഥാപിതത്ര കിം പ്രമാണം ചോദിച്ചു എന്തെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്ക് പറയാം പക്ഷെ എന്താ പ്രമാണമല്ല അപ്പം അവിടെ പറഞ്ഞു സിദ്ധാന്തി പറഞ്ഞു അജ്ഞോഹം എത്തിയ അനുഭവം സേ അജ്ഞോഹം എന്നുള്ള അനുഭവമാണ് സുഷൃത്തിയിൽ അജ്ഞോഹം എന്ന അനുഭവം ഉണ്ടല്ലോ അപ്പം അതിനെ നിശ്ചയിച്ചു നാവിഷേത്യനാ അത് ജ്ഞാനാഭാവമായാലും അജ്ഞോഹം എന്ന് തന്നെ പറയും ജ്ഞാനത്തിൻ്റെ അഭാവമാണെങ്കിലും ജ്ഞോഹം എന്ന് പറയും അതിൻ്റെ അർത്ഥമാണ് അനാദിത്വഭാവത്യോ തദഭിമതയോർ അസിയ അനുഭവ സ്വദാസിന്യ നിങ്ങളീ പറയുന്ന അജ്ഞോഹം എന്നെ നിങ്ങൾ പറയുന്നത് അവിടെ അനാദിത്വം ഭാവത്വം ഈ രണ്ട് കാര്യങ്ങളവിടെ വരുന്നില്ല അക്കാര്യത്തിൽ അജ്ഞോഹം എന്നുള്ള അനുഭവം അതിനങ്ങനെ പ്രമാണമാക്കും ആരെങ്കിലും പറയാറുണ്ടോ അനാദി ഭാവ അജ്ഞ അനവാൻ അഹം അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ പ്രമാണമായിട്ടാണ് പറയുകയാണ് ഭാവരൂപാജ്ഞാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവണം അനാദി ഭാവ അജ്ഞാനവാൻ അഹം അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ അക്കാര്യത്തിൽ ഉദാസീനമാണ് അനുഭവം എന്നുവെച്ചാൽ അക്കാര്യത്തിന് അനുഭവം പ്രമാണമല്ല അനുഭവത്തിലുള്ള ആ കാര്യം വ്യക്തമല്ല എന്നർത്ഥം വെറുതെ എന്താണ് അജ്ഞാനം എന്ന് പറഞ്ഞത് കൊണ്ടായില്ല അജ്ഞാനം ഭാവവുമാകാം ജ്ഞാനാഭാവവുമാകാം ഭാവം എന്ന് പറയുമ്പോൾ അത് അഭാവവിലണമാണ് അനാദിയാണ് എന്നൂടെ വരണം ഇതൊന്നും അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് തെളിയുന്നത് അനുഭവത്തിൽ അങ്ങേറ്റം പോയാൽ അജ്ഞോഹം ഇത്രയേ ഉള്ളൂ എന്നാണ് അതുകഴിഞ്ഞ് അവിടെ പറഞ്ഞു നാവി സുപ്തോ തിരസി നഗഞ്ചിത് അവേദിഷം ഗാഠം മൂടോഹമാസം ഇത് പരാമർശ അനുഭവത്തി സിദ്ധ സുട്ടികാരി അനുഭവ പ്രമാണം അപ്പോഴാണ് സിദ്ധാന്തി പറയുന്നത് എന്താണ് നഗഞ്ചിതവേദിഷം ഗാഠം മൂഢോഹം എന്ന് പറയുന്ന ഈ പരാമർശം സ്മരണം ജാഗ്രതത്തിലെ സ്മരണം അതിൻ്റെ അന്യതാ അനുഭവത്തിൽ സിദ്ധമായ അത് സുഹൃത്തിയിൽ ഒരു അനുഭവം ഉണ്ടാകാതെ ജാഗ്രതത്തിൽ ഇങ്ങനെ ഒരു സ്മരണം സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സുപ്തികാലീന അനുഭവം നഗുഞ്ചിത് അപേദിഷം ഒന്നും പറഞ്ഞില്ല ഗാഠം മൂഢോഹം അവിടെയും എന്താണ് അഭാവവിലക്ഷണം അനാദി ഇത്തരം അനുഭവങ്ങളൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇത്രയുണ്ടല്ലോ എന്താണ് നഗിഞ്ചിതേദിഷം ഒന്നും പറഞ്ഞില്ല ഗാഠം മൂഢം ഗാഠമായി മൂഢനായി ഞാൻ ഉറങ്ങി ഇത് അവിടെ ഒരു ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൽ പ്രമാണമാണെന്ന് സിദ്ധാന്തി പറയും അപ്പോൾ അവിടെ തർക്കി എന്ത് പറഞ്ഞു തൊന്മതേ ഞാനാ ഭാവശ്യാബി സാക്ഷി സിദ്ധ്യ പരാമർശം ശരി നിങ്ങളീ പറയുന്ന സ്മൃതി എല്ലാം ശരിയെന്ന് പക്ഷേ എന്താണ് നിങ്ങൾ സുഷൃത്തിയിൽ ഒരു സാക്ഷിയെ അംഗീകരിക്കുന്നത് അപ്പം ആ സാക്ഷിസിദ്ധമായ അഭാവം ജ്ഞാനാഭാവം ആ ജ്ഞാനാഭാവമാണ് നിങ്ങൾ സ്മരിക്കുന്നത് ജ്ഞാനാഭാവെന്ന് പറഞ്ഞാലും ഇങ്ങനെയെല്ലാം പറയാം എന്താണ് നിഷം എന്ന് വെച്ചാൽ എനിക്കൊരു ജ്ഞാനവും ഉണ്ടാവില്ല ഗാഠം മൂഢോഹം ഗാഠമായിരുന്നു എന്ന് വെച്ചാൽ അവിടെ ജ്ഞാനത്തിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ മൂഢായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ഞാൻ ആ ഭാവത്തിന് യോജിക്കും ആ അപ്പി എന്നോട് ചേർക്കുമ്പം അങ്ങനെയും അല്ല അങ്ങനെ സുപ്തോത്തിര നിഞ്ചതവേഷം ഗാഠം മൂടോ മാസം ഇതി പരാമർശ അനുഭൂതികാലീനോ അനുഭവ പ്രമാണം ഇതി അപി നന്വയിക്കണം ഇപ്പി നോവതി ഇതിവിടെ ചേർക്കും എന്നും ശരിയാകത്തില്ല ഏ ഇത് അദ്വൈതി പറയുമ്പോ പൂർവക്ഷി പറയും ഇത്യപി ന എന്ന് നിങ്ങൾ പറഞ്ഞാലും ശരിയാകത്തില്ല ഏ വേണ്ട അദ്വൈതി ഞാൻ അന്വയിച്ച് നോക്കുക സുപ്തോത്തിതസ് നിഞ്ചിതപേദിഷം ഗാഠം മൂടോഹമാസം ഇനി പരാമർശ അനുബോധി കാലീനോ അനുഭവ പ്രമാണം എന്നാരു പറയും അദ്വൈതി അപ്പൊറൂഷ് പറയണെ ഇത്യ എന്ന് പറഞ്ഞാലും ശരിയല്ല ആര് പറയുന്നു താർക്കികൻ എന്തിനാ ഹേതു പറയുന്നു ത്വന്മതെ ജ്ഞാനാഭാസാവി സാക്ഷി സുദ്ധസ് പരാമർശ പോര് പറയുന്നു താർക്കിയും പറയുന്നു നിന്റെ മതം അനുസരിച്ച് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ ആര് പറഞ്ഞു അദ്വൈതിയോട് പറയുന്നത് നിന്റെ മതമനുസരിച്ച് സാക്ഷമായ ജ്ഞാനാഭാവത്തിന്റെ സ്മൃതിയാകാം അത് മനസ്സിലായോ വീണ്ടും എതിർക്കാണ് അത് പൂർവക്ഷ സിദ്ധാന്തം പൂർവക്ഷ സിദ്ധാന്തം അങ്ങനെ പോവുകയില്ലേ മൊത്തത്തിലത് പൂർവക്ഷ പ്രകരണമാണ് ആ പൂർവക്ഷ പ്രകരണത്തിൽ തന്നെ എന്തുവരുന്നു പൂർവക്ഷം സിദ്ധാന്തം പൂർവക്ഷം സിദ്ധാന്തം അങ്ങനെ വരികയാണ് ഇപ്പോൾ ഈ സ്മരണം എന്ന് പറയുന്നത് ജ്ഞാനാഭാവത്തെ സംബന്ധിച്ചും ആകാം സ്മരിക്കുന്നത് കൊണ്ട് അത് അനാദി ഭാവരൂപ അജ്ഞാനം അങ്ങനെയൊന്നും ഒന്നങ്ങനെ ഒരു സ്മരണമില്ല അങ്ങനെയൊന്നും പറയാനും കഴിയത്തില്ല എന്നാണ് ഇത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് നിങ്ങൾ കണക്ഷൻ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനൊന്ന് കണക്ട് ചെയ്താണ് ഇത്രയും അല്ലാതെ ഇപ്പോൾ ഈ സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാര പറഞ്ഞു എവിടെ കേട്ടു എന്നൊക്കെ എന്നോട് തിരിച്ചു ചോദിക്കും ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലല്ലോ ആര് പറഞ്ഞതെന്ന് എന്നു ചോദിക്കും അതുകൊണ്ട് ഇത്രയും കാര്യം മുമ്പ് പറഞ്ഞ കാര്യം ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് അതാണ് അടുത്ത് പറയുന്നത് എന്നുവെച്ചാൽ ഈ അനുമാനം മാത്രമല്ല അനുമാന പ്രമാണം മാത്രമല്ല പിന്നെ എന്താണ് കിഞ്ച നിഞ്ചിതവേദിഷമിതി അവേദിഷം ഇതി പരാമർശസിദ്ധ സൗഷിപ്തിക അനുഭവത്ര പ്രമാണം ഞങ്ങളുടെ ഇതിൽ എത്രയോ ആര് പറയുന്നു അതുവരി ഇങ്ങനെ ഒരു അനുമാനം നടത്തുമ്പം നിങ്ങൾ തർക്കവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് എന്നിട്ട് എന്നിട്ട് പോകും അപ്പൊ അനുമാനം മാത്രമല്ല അനുമാനം നിങ്ങൾ വലിയ അനുമാനവിദഗ്ധന്മാരായതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഒരു അനുമാനമൊക്കെ പറഞ്ഞേ ഉള്ളൂ ഇവിടെ എന്താണ് ഞങ്ങൾക്ക് അനുഭവം പ്രമാണമാണ് എന്താണ് അനുഭവം എന്ന കിഞ്ഞത് അവേദിഷമിലി പരാമർശസിദ്ധ ഉണർന്നു പരാമർശം സ്മരണ സൗഷിപ്തിക അനുഭവമൊപ്പി അത്ര പ്രമാണം സുഷുപ്തിയില അനുഭവം പ്രമാണമാണ് എന്തിന് അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാൻ ഇവിടെ ഒരാനിപ്പുണ്ട് അനു ഞാൻ പറയുന്നു എന്താ പ്രമാണം ഇവിടെ ആനയെ ഞാൻ കാണുന്നത് തന്നെ ആനയെന്ന് പറഞ്ഞാൽ ആന് കൊമ്പുണ്ട് ചെവിയുണ്ട് തുമ്പിക്കൈ ഉണ്ട് ഒരാനയ്ക്ക് വേണ്ട എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ഒരാന ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിന് എന്റെ അനുഭവമാണ് പ്രമാണം എന്ന് ഞാൻ പറയണമെങ്കിൽ എന്തു വേണം ഏ എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആനയുടെ തുമ്പിക്കയും കൊമ്പും വലിയ കുടവയറും എല്ലാം ഞാൻ കാണണം അല്ല എനിക്ക് പറയാൻ പറ്റുമോ ആനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടാലും എനിക്ക് പറയാൻ പറ്റും ഇതാ ഇവിടെ ആന ഞാൻ ഉറപ്പിച്ചു ഇവിടെ ഒരു ആന നിൽപ്പണ്ടെന്നുള്ളത് എൻ്റെ അനുഭവം പ്രമാണമാണ് എന്ന് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞെന്ത് ചെയ്യും എന്നെ ഇവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകും അതുപോലെ ഇപ്പം അദ്വൈരം പൊക്കിയെടുക്കേണ്ട സമയമായിരിക്കാണ് ഇങ്ങനെ പോയാൽ പൊക്കിയെടുത്ത് കൊണ്ടുപോവേണ്ടി വരും ഞാൻ എന്റെ അനുഭവം പറയുന്നത് എന്താണ് ഇതാ ഇവിടെ ഒരു ആന നിന്ന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നോ ഞാൻ ഉറപ്പിച്ച് പറയണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് വേറെ നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല ഇവിടെ ആനിക്കുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന ആള് പോകാൻ പറഞ്ഞ അവിടെ നിന്ന് പോകുന്ന എന്താ ഉറപ്പ് ഉറപ്പുണ്ടോ ആദരപൂർവ്വം എടുത്തു മാറ്റേണ്ടി വരും വേറെ ഒരു വഴിയില്ല അതുപോലെ അദ്വീതി പറയണെന്താണ് നിഞ്ചിത് അപേക്ഷം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ ഞാൻ സ്മരിക്കുന്നത് അനാദിയായ ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനത്തെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അനുഭവപ്രമാണം പറയാണ് അനുമാനമൊക്കെ പോയി അനുഭവത്തിലൂടെ പറയുകയാണ് ഈ സുഴുത്തിയിൽ നിന്ന് ജാഗ്രത്തിലേക്ക് വന്നിട്ട് അജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ സ്മൃതിയാണെങ്കിൽ സ്മൃതി ആയിക്കോട്ടെ അതേപോലെ അദ്വൈതിക്ക് മാത്രമുള്ളതാണ് ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ആന നീക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കില്ല ഈ ആന എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലായ ഒരു അനുഭവമല്ല നിങ്ങൾക്കെല്ലാം ബോധ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓരോരുത്തർക്കും അറിയ ആന എന്താണെന്ന് ആന അറിയാത്ത ഒരാളോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് അത് ആനയെ കണ്ടിട്ടില്ല ആ കുട്ടിയോട് ഞാൻ പറയുന്നത് അവിടെ ഒരു ആന ഉണ്ടെന്നുള്ള ചിലപ്പോൾ ആ കുഞ്ഞ് വിശ്വസിക്കും പക്ഷെ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആന എന്താണെന്നും ആൻ്റെ തുമ്പിക്കൈ എന്താണെന്നും ആൻ്റെ കുടവയർ എന്താണെന്നും എല്ലാം അറിയാം എല്ലാവരുടെയും അനുഭവമാണ് സുഴ്ത്തിയിൽ നിന്ന് ഉണർന്നു വന്ന് കഴിയുമ്പം ഈ ഈ വാക്യപ്രയോഗം അത് സ്മൃതിയോ അനുമാനോ എന്തോ ആയിക്കൊള്ളട്ടെ എല്ലാവർക്കും ഉള്ളതാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വകയല്ല അപ്പവിടെ പറയാണ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ഉറങ്ങിയതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ പറയണം നിങ്ങളും പറയുന്നു അതുകൊണ്ട് സുഹൃത്തിയിൽ അനാദിയായ ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനത്തിന് എന്റെ ഈ വാക്യം പ്രമാണമാണെന്ന് പറഞ്ഞോ അങ്ങേരിക്കൂ എന്തുകൊണ്ട് പക്ഷെ അങ്ങനെയാണോ ത് പറയുന്നത് ഏ എങ്ങനെ ഏ അജ്ഞോഹം എന്നുള്ള അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ് ഇത് അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന്റെ സ്മൃതിയാണെന്ന് ഞാൻ അനുഭവിച്ചതിന്റെ സ്മൃതിയാണെന്ന് പറഞ്ഞാൽ അദ്വൈതിയിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നാ ഞാൻ ചോദിക്കുന്നു ഏ ജ്ഞാനാഭാവത്തിന്റെ കാര്യം പോട്ടെ ജ്ഞാനാഭാവം ഇപ്പം താർക്കീയം പറയുന്നല്ലേ അതവിടെയിരിക്കട്ടെ ഞാനാവാണോ അല്ലെ എന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നു അദ്വൈതി പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അദ്വൈതി പറയുകയാണ് എന്താണ് ന ഗഞ്ചിത് അഭയദം ഇതി പരാമർശം എന്ന് വെച്ചാൽ ഇത് എന്താണ് ഈ സ്മൃതി സ്മൃതിയിലൂടെ സിദ്ധമായ സൗഷുപ്തിക സൃഷ്ടിയിലെ അനുഭവം അത്ര ഈ വിഷയത്തിൽ പ്രമാണമാണ് ഏത് വിഷയത്തിൽ അനാദിയായ ഭാവരൂപ അജ്ഞാനത്തിന് ഈ സ്മൃതി ഇപ്പോ ഉള്ളത് ഈ സ്മൃതി പ്രമാണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്വൈതി എന്ത് ചെയ്യും ഏ എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ ഇനി എന്താ ചോദിക്കേ ഓട്ടനാണ് അദ്വൈതി നിങ്ങൾ ഏ അപ്പൊ നിങ്ങൾ ഇപ്പൊ അദ്വീതി പഠിച്ചു പഠിച്ച് നിങ്ങൾ അദ്വീതിയെ കൈപൊടിഞ്ഞു അദ്വൈതം നിങ്ങൾ പഠിച്ച് പഠിച്ചു കൈ ഒടിഞ്ഞു കൈപൊടിഞ്ഞു ഏ ഭാഷകാരൻ അങ്ങായിരിക്കും ഏ ഭാഷ്യത്തിൽ എവിടെയെങ്കിലും കേട്ടാ ഇങ്ങനെയുള്ള സ്മരണത്തിലൂടെ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന് പ്രമാണമാണെന്ന് എവിടെയെങ്കിലും കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ ഭാഷ പഠിക്കാനില്ലല്ലോ തീർന്നല്ലോ ഇതാണ് രണ്ടും നിങ്ങളുടെ വ്യത്യാസം ഇത് മനസ്സിലാക്കുന്നതിന് വലിയ ബോധോധം ഒളിപാടും ഒന്നും ഉണ്ടാവണ്ട പിന്നെ എന്തു കോമൺ സെൻസ് മതി ആർക്കും മനസ്സിലാവു ഇത്രയേ ഉള്ളൂ കാര്യവും ഏ അജ്ഞാനത്തെ ഭാവരൂപത്തിൽ അനാഥിയെ ശ്രദ്ധിക്കണം ഏ അനുമാനം നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ ഗതി കണ്ടതല്ലേ ഇപ്പൊ അനുഭവം പ്രമാണമാണെന്ന് പറയുന്നു ഈ അനുമാനം ഒരു പ്രമാണം അനുമാനത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെ പറയാം അത് നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റും പക്ഷെ അനുഭവം പ്രമാണമെന്ന് പറഞ്ഞ അവർക്ക് കടന്ന ഏർപ്പാടായിപ്പോ ഏ കാര്ക്കിയുടെ കാര്യം പോട്ടെ നിങ്ങളുടെ കാര്യം വരട്ടെ ഏ ഏത് അല്ല അനുഭവം പ്രമാണമാണെന്നുള്ളതാണ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണക്ഷയില്ലാത്ത ആൾക്കാരാണ് ഇതങ്ങ് വിട്ടു അതുകൊണ്ട് ഞാൻ കണക്ഷ ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ കണക്ഷൻ വിടുന്നതിന് ഒരു മിനിറ്റ് മതി ഇതിപ്പോ ഇതിന്റെ കണക്ഷൻ കിട്ടിയോ അനുഭവം പ്രമാണമാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വരട്ടപ്പോ നോക്കാം ഏ എങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തർപ്പിച്ചു പറയണം വിപരീത ആരെങ്കിലും അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഇല്ല അവരംഗീകരിക്കില്ല പാപരൂപത്തിലുള്ള അനാദിയായ അജ്ഞാനത്തിന്റെ സ്മൃതിയാണ് എന്ന് നമ്മളോട് അവർ പറയും എല്ലാവരും ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ പറയും എന്താണ് എന്തു പറയും ഇതാണ് സമ്പ്രദായം ഇത് നിങ്ങൾ അംഗീകരിക്കണം ഏ പരാമർശം കൊണ്ട് സിദ്ധമായ അനുഭവം എന്നാണ് ഈ സ്മൃതിയിലൂടെ സുഷുതിയിൽ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൻ്റെ അനുഭവം എന്നാണ് പറയുന്നത് ഇത് മറ്റ് പ്രമാണങ്ങൾ പറയും പോലെയല്ല അതാണ് ഞാൻ ആ ധ്യാനയുടെ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ കേവലം സ്മൃതി എന്നല്ല പറയുന്നത് സ്മൃതി വേണമെങ്കിൽ അംഗീകരിക്കാം ഞാൻ സുഖമായിട്ട് ഇറങ്ങി ഒന്നും അറിഞ്ഞില്ല ഇപ്പം സ്മരിക്കുന്നു ഇത്രയും ദോഷമുള്ള കാര്യമുണ്ട് ഈ സ്മരണത്തിലൂടെ സുഹൃപ്തിയിൽ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സിദ്ധിച്ചു എന്നാണ് ഈ അനുഭവത്തെ പ്രമാണമായി എടുത്തുകൊണ്ട് അവിടെ അതിൻ്റെ അനുഭവം ഉണ്ടായെന്നാണ് അനുഭവം ഉണ്ടായി എന്നുള്ളതിന് ഈ സ്മരണ പ്രമാണമാണെന്നാണ് പറയും അപ്പം നമ്മൾ പൂർവപക്ഷത്തിലേ പൂർവപക്ഷം പറഞ്ഞപ്പോൾ ഈ ഒരു പക്ഷം പറയുകയും അതിന് സമാധാനം പറയുകയൊക്കെ ചെയ്തു അതാണ് വീണ്ടും അത് വായിച്ചത് അതിന്റെ ചർച്ച എന്ന് പറയുന്നത് മുമ്പ് നടന്ന വഴിയെ തന്നെ കുറച്ചുകൂടി നടക്കേണ്ടി വരും കാരണം ഇനി മുമ്പ് ചർച്ച ചെയ്തല്ലേ അപ്പൊ ഇങ്ങനെ പറയുമ്പോ നമ്മൾ നോക്കേണ്ടതല്ല അപ്പൊ ഇതിനെ കുറിച്ച് ഇനി എന്തൊക്കെ ചർച്ചകളും നടത്തിയാലും മ്പോട്ട് എന്തു കൊണ്ടോ ചെറുക്ക അതായത് ഞാനിപ്പോൾ എന്റെ അനുഭവത്തെ പ്രമാണമാക്കി പറയാൻ ഇവിടെ ആന നിക്കുന്നു അല്ലേ അനുഭവത്തെ പ്രമാണമാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു ഡിബേറ്റിലേക്ക് കിടന്നുകഴിഞ്ഞ ഏ അനുഭവത്തെ പ്രമാണമാക്കി ഞാൻ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡിബേറ്റിന് തയ്യാറാകത്തില്ല എന്തുകൊണ്ട് അനുഭവം നിങ്ങൾക്കുള്ളതാണ് ആന നിന്നാൽ നിങ്ങളും അനുഭവിക്കണം പക്ഷെ ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ് ഞാൻ പറയുന്നു എൻ്റെ അനുഭവമുണ്ട് ഇവിടെ ആനയുണ്ട് അപ്പോൾ അനുഭവത്തെ പ്രമാണമാക്കി ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായി വരുന്നത് അത് സാമാന്യമായ അനുഭവത്തിന് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ഇതിനേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് കോമൺസെൻസ് എന്ന് പറയുന്നു മനസ്സിലായു അപ്പം ഈ ഞാൻ എന്റെ അനുഭവത്തിൽ ഇവിടെ ഇല്ല പ്രശ്നം തീർന്നു ഞാൻ പറയുന്ന ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു അനുഭവത്തെ ഞാൻ പ്രമാണമായി സ്വീകരിച്ചിട്ട് ഈ വിഷയത്തെ ഒരു ചർച്ചയ്ക്ക് പോയിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായും നിങ്ങളുടെ അനുഭവമായിട്ടും ഒരു പൊരുത്തം വേണം എന്നാലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും പൊരുത്തമില്ലെങ്കിലും ഞാൻ വീണ്ടും ചർച്ചയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കിയത് ഇപ്പൊ സുഷുതിയിൽ അനാദിയായ ഭാവരൂപത്തിലുള്ള എന്ന് വിശേഷിപ്പിക്കുന്ന ഒരജ്ഞാനം അതിന്റെ അനുഭവം എന്ന് പറയും സുഴ്ത്തിയിൽ അങ്ങനെ ഉണ്ടാകും സുഴ്ത്തിയെ സംബന്ധിച്ച് നമുക്ക് പരമാവധി പറയാമെന്നുള്ള എന്താ ഒന്നും അറിഞ്ഞില്ല ഇത്ര മാത്രം അവിടെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ കൊണ്ട് സ്ഥാപിക്കാൻ പോയി കഴിഞ്ഞാൽ അതെന്താണ് പരമാബദ്ധമാണ് ഇത്രയും പറയാൻ പറ്റും അറിഞ്ഞില്ല അതിൽ വേറെ വിശേഷണമൊന്നും ചേർക്കാൻ ഒക്കത്തില്ല huh eh? that is true mind is not there hmm ah, that also eh that is also that is its interpretation you can interpret like that also why gnanam is not there because mind is not there like that Jnana bhava means jnana bhava that is your explanation why why jnanam is not there then you can say mind is not there hmm jnanam the absence of jnanam absence of jnanam is jnana bhava you can use more words essential absence of my gnanam if you are mo, if you want more explanation you get more um adaya anubhavate asraichu സർവസാധാരണമായിരിക്കുന്ന അനുഭവത്തെ ആശ്രയിച്ചാണ് ഒരു ചർച്ചയെങ്കിൽ അതെല്ലാവരുടെയും അനുഭവത്തോട് പൊരുത്തപ്പെട്ടാൽ ചർച്ച ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം നല്ല അതീന്ദ്രിയ അനുഭൂതിയെ കുറിച്ച് മറ്റോ ആയിരിക്കണം അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ ജഗത്തെ ജഗത്തിന്റെ അനുഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിന്റെ സത്യത്വം മിഥ്യാത്വം എന്ന് പറയുന്ന ഒരു വിചാരം സാധാരണ മനുഷ്യർക്കില്ല നമ്മളെപ്പോഴാണ് അങ്ങനെ ഒരു വിഷയം കൊണ്ടുവരുന്നത് അപ്പോഴാണ് അവിടെ വരുന്നത് അത് എന്താണ് അവിടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല അദ്വൈതി ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ജഗത്തിൻ്റെ അനുഭവം ഇല്ലെന്ന് പറഞ്ഞല്ല അവിടെ മിഥ്യ ഈ പറഞ്ഞപോലെ മിഥ്യാത്വത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് ചർച്ച ഇപ്പം സർവസാധാരണമായ ജഗത്തിൻ്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചർച്ച തുടങ്ങിയാണ് കാരണം ഒരു മനുഷ്യനെ ഒരിക്കലും എന്താണ് അവൻ്റെ ചിന്തയുടെ വിഷയമല്ല ഇത് സത്യമാണോ മിഥ്യമാണോ അത് ഒന്ന് അത് കേവലം അദ്വൈതിയുടെ വിഷയമാണ് അപ്പം അവിടെ ജഗത്തിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല അതും ഈ പറയുന്ന സംഗതിയുമായിട്ടൊരു ബന്ധമില്ല അതും ഇതുമായിട്ട് ബന്ധമില്ല അത് പെട്ടെന്ന് മനസ്സിൽ എന്തെങ്കിലും ഓർമ്മ വരുമെന്ന് നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ച ആൾക്ക് ചിന്തിച്ച് പറയേണ്ട കാര്യങ്ങളാണ് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതും കടന്നു വരും തോന്നലുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതും ഈ വിഷയമായിട്ട് ബന്ധമില്ല അത് സംഗതി വേറെ അത് വേ ഇത് റെ രണ്ടും ഒരുപോലെ കാണരുത് അല്ലല്ല അനുഭവം എന്ന് പറയുന്നത് ഒന്നായതുകൊണ്ടാണ് ഇവിടെ ചർച്ച അസാധ്യമാകും അവിടെ എന്താണ് അവിടെ എന്ന് പറയുന്നത് എല്ലാവരുടെ അനുഭവം ഒന്നാണ് ഇവിടെ എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അനുഭവം രഹത്ത് അനുഭവം എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ അതുപോലെയാണോ എന്റെ അനുഭവം നിങ്ങളുടെ അനുഭവം ഒന്നാണോ രണ്ട് രണ്ട് വിഷയമാണോ പരസ്പര ബന്ധമുള്ള കാര്യമാണ് ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ പലതും ഇങ്ങനെ തള്ളി വരും അതൊക്കെ വരും തള്ളല അതൊന്നും കളയണം നമ്മളോട് ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല ചർച്ച ചെയ്യുന്ന വിഷയം തരുന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ ചർച്ച ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്നെ പൊക്കി മാറ്റി ഇത്രയേ ഉള്ളൂ സമ്പ്രദായത്തിന് അംഗീകരിക്കുന്നത് സമ്പ്രദായത്തിൽ ശ്രദ്ധ വിശ്വാസം വിശ്വാസം കൊണ്ടാണ് സമ്പ്രദായത്തെ അംഗീകരിക്കുന്നത് നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക ഞാൻ ഒരു സാമ്പ്രദായികനായ ആചാര്യനാണ് ഞാൻ പറയുന്നു ഇവിടെ ഇപ്പോൾ ആനയുണ്ടെന്ന് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി നെയ് തള്ളിക്കളയുക അതൊന്നും വേണ്ട വിശ്വാസം ശ്രദ്ധ എന്ന് പറയുന്നതാണ് എല്ലാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്വന്തം കാര്യം എന്താണെന്ന് പറയുക ഞാൻ പറയുന്നു ഇവിടെ ഒരു ആനയുണ്ടെന്ന് അംഗീകരിക്കൂ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമെന്താ അത് കൊണ്ട് അതുകൊണ്ടാണല്ലോ ഏ അനുഭവത്തെ കുറിച്ചല്ല ചർച്ച അനാദിയായ ഭാവരൂപത്തിലുള്ള നിങ്ങൾ വിഷയം മാറിപ്പോകുന്നു അനുഭവം അത്ര കുത്ര അനാദിഭാവത്തിൽ അനുഭവം പ്രമാണമെന്ന് പറയുന്നിടത്താണ് അതിനെ ഇതുവരെ ചർച്ച നടത്തി അനുമാനം ഓക്കെ അനുമാനത്തിൽ ചർച്ച ചെയ്യാം ഇനിയും ചർച്ച ചെയ്യാം ഇല്ലേ അനുമാനത്തിൽ ചർച്ച ചെയ്യാം അനുഭവം പ്രമാണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചർച്ച ചെയ്യും ഈ പറയുന്ന പോലെയാണ് അനുഭവം പ്രമാണമാണെന്ന് പറഞ്ഞാൽ ഉടൻ പറയും നകഞ്ചിത് അപേദിഷം എന്ന് പറയുന്ന എനിക്ക് അനുഭവമുണ്ട് പക്ഷെ അനാദി ഭാവം എന്ന് പറയുന്ന ഒന്നിന് ഈ അനുഭവം പ്രമാണമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ചർച്ച ചെയ്യും അതീ പറയുന്ന പോലെയാണ് ഓ ആനയുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇത ഏതാനാണ് ആനയുടെ വിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യാം ആനയെ അനുഭവത്തെ പ്രമാണമായിട്ടെടുത്ത ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് മുമ്പ് ചർച്ച ചെയ്താണല്ലോ അതെന്താണെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലല്ല പുതിയതൊന്നും പറയാനില്ല അനുഭവം പ്രമാണമാണെന്ന് പറഞ്ഞപ്പോൾ താർക്കീൻ ചോദിക്കുന്നു എന്നുവെച്ചാൽ ജ്ഞാനാഭാ വിഷയോ അയ മനുഭവ ഇത് താർക്കീൻ സ്വന്തം പക്ഷം പറയുന്നു എന്താണ് നമ്മളിപ്പോ താർക്കീയന്റെ പക്ഷമല്ല അദ്വീതയുടെ പക്ഷം നമ്മളിത് നോക്കിക്കാണുകയാണ് ഇവരെന്തായത് ചർച്ച ചെയ്യുന്നുള്ളത് അപ്പൊ ഞാൻ നിങ്ങൾ ധരിച്ചു ഞാൻ താർക്കീയന്റെ പക്ഷത്ത് സംസാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല താർക്കിക അഭിപ്രായമാണ് പറയുന്നത് ജ്ഞാനാഭാവ വിഷയം അനുഭവം താർക്കികം പറയുന്നത് ജ്ഞാനാഭാവത്തെ വിഷയമാക്കുന്നു നമുക്ക് താർക്കികന്റെ പക്ഷത്തു നിന്നും ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് അതുകൊണ്ടല്ല ഈ അഭാവം എന്നൊക്കെ പറയുന്നതിന് പ്രത്യേക പരിഭാഷയുണ്ട് ടാർക്കിനെ സംബന്ധിച്ചിടത്തോളം അഭാവം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് അപ്പൊ ആ അംഗീകരിച്ചുകൊണ്ടേ നമുക്കത് തീർച്ച ചെയ്യാൻ പറ്റും അപ്പോൾ സുഷുതിയിൽ അഭാവം എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വെറുതെ അങ്ങ് നമ്മൾ തർക്കം പഠിച്ചവരാണ് അതുകൊണ്ട് ഏ താർക്കിക അഭിപ്രായം അനുസരിച്ച് ആത്മാവിൽ നിന്നും അതിരക്തമായൊരു പദാർത്ഥമാണെന്ത് ഭാവം അത് അംഗീകരിക്കാൻ പറ്റുമോ അതി ആത്മാവിൽ നിന്നും അതിരക്തമായിട്ടൊന്നുമില്ല ആത്മാവിൽ നിന്ന് ഭിന്നമായൊരു പദാർത്ഥമാണ് അഭാവം അതവിടെ ഉണ്ടെന്ന് ആർക്കും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റും ആണ് പറയുന്നത് നമ്മൾ അദ്വൈതിയുടെയോ കർക്കീൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചു ഇതിന് സംഗതി ശരിയാകത്തില്ല അപ്പോൾ രണ്ടുപേരും അജ്ഞാനം എന്ന് പറയുന്നതിന് അവരവരുടേതായ പരിഭാഷകൾ കല്പിച്ചിട്ട് രണ്ടുകൂട്ടരും അവരവരുടെ ഭാവനയിലുള്ള അജ്ഞാനത്തെയാണ് അനുകൂലിക്കുന്നതും നിഷേധിക്കുന്നു ഇവിടുത്തെ അദ്വൈതം എന്ത് ചെയ്യുന്നു അനാദി ഭാവരൂപത്തിലുള്ള ഒരു പരിഭാഷ അജ്ഞാനത്തിന് കൊടുത്തിട്ട് അതിനെ അംഗീകരിക്കുന്നു കാർക്കിൻ ആണെങ്കിലോ ആത്മഭിന്നമായ അവർ പറയുന്ന ഒരു അഭാവത്തെ കൽപ്പിച്ചിട്ടതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നു ഇതൊന്നിന്റെ പിറകിൽ പോയാലും കാര്യം ശരിയാവത്തില്ല അത് മനസ്സിലാക്കി വേണം നമ്മളിതിനെ സമീപിക്കുന്നു എന്നിട്ട് ജ്ഞാനാഭാവ വിഷയമായ അനുഭവ അഥവാ താർക്കിയം പറയുന്നു ജ്ഞാനാഭാവത്തെ വിഷയമാക്കുന്നതാണ് അനുഭവം എന്ന് പറഞ്ഞാൽ അല്ല ആര് പറയുന്നു നേരത്തെ പറഞ്ഞതെന്ന് പറയുന്നു അഭാവപ്രതീതേ ധർമ്മ പ്രതിയോഗി ബോധപരാധീനതയാ തദ് അനുഭവിതും അയോഗ്യത്വ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അഭാവം അനുഭവമാകണമെങ്കിൽ അതിൻ്റെ ധർമ്മിയും പ്രതിയോഗിയും ധർമ്മിയുടെയും പ്രതിയോഗിയുടെയും ബോധം വേണം ബോധാധീനമാണ് സുഷുത്തിയിൽ ധർമ്മിയുടെ പ്രതിവിധിയുടെ ബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു അഭാവത്തിൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല ഇതുമുമ്പ് ചർച്ച ആയതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യം ഇല്ല